അവിടേക്കുള്ള ഭേദങ്ങളേ ഇടാന്ന് നല്ല ചൂടല്ല ഇവിടെ ഇതായിരുന്ന അങ്ങോട്ടുള്ള കിട്ടുകൊടുക്കും ദിവം ഭൂതകമുനി ആത്മമനശീല സഹായി ഇപ്രകാരമുള്ള മുനിർത്ഥം പറയുന്നു ആത്മമനനശീല മനനശീലയിൽ വിപത്ത് മുനിശബ്ദത്തിന്റെ വിപത്തി അങ്ങോട് സ്ഥിതപ്രജ്ഞ പറയുന്നു ഇത് ഏകേന്ദ്രിയ സജ്ഞ എന്ന് പറയുന്ന മൂന്നാമത്തെ അവസ്ഥയിലേക്ക് അതുപോലെ വിശദീകരിക്കുന്ന വ്യാഖ്യാനത്തിൽ ഏവം അസിയാ തൃതീയാവസ്ഥയായ ഉദ്യോഗസ്ഥയ നാലാമത്തെ അവസ്ഥയും മൂന്നാമത്തെ അവസ്ഥയും നമ്മുടെ വ്യത്യാസം ഇത് മൂന്നാമത്തെ അവസ്ഥയിലുള്ള സ്ഥലപ്പ് ഇതിനെക്കുറിച്ച് പറയുന്നത് ഇവിടുത്തെ പ്രത്യേകത എന്താണ് ഉദ്ദേഹസ്പൃഹാഗ്രഹ മനസ്സിന്റെ ക്ഷോഭം ദുരാഗ്രഹം ഇതൊന്നും ഇല്ല ഇതില്ല എന്ന് പറയുമ്പോൾ നാലാമ നാലാമത്തെ അവസ്ഥയും മൂന്നാമത്തെ അവസ്ഥയും പോലെ തന്നെ രണ്ടിടത്ത ഗൃഹസാമഗ്രി മാത്രമ ഒരു ഉണ്ടായിരുന്നു ഔത്സികം വെച്ചൊരു താല്പര്യം ഉത്കണ്ഠ അതയാളിലുണ്ടായിരിക്കും മാത്രക്ഷമം അതിന് മാത്രശേഷിയുള്ളതായ വാസനശേഷി വാസന എവിടെ ഉണ്ടായി മൂന്നാമത്തെ അവസ്ഥയുടെ പ്രത്യേകം ഏതുപോലെ ഭസ്മഛന്ന ദഹനമാണ് കനൽക്കട്ട ചാമ്പൽ കൊണ്ട് കൂടിയ ചെയ്യുന്നവര് ഒരവസ്ഥ അവസ്ഥ അപ്പൊ ഇവിടെ ഒരു വാസന ശേഷിക്ക് എന്നാൽ മനസ്സിന് ക്ഷോഭം ദുരാഗ്രഹം അതൊന്നുമില്ല വാസന ശേഷിക്കുന്ന അവസ്ഥ പിന്നെ നാലാമത്തേനെന്താ പറഞ്ഞത് ഐഹിക ആമുഷ്ണിക സകലഫലവിമുഖസ് വ്യസ്തേഷു ഫലേഷുസവാസനാധ്യാത ഐഹികവും ആമുഷികവുമായി ഈ ലോകത്തിനും പരലോകത്തിനുമുള്ള സകലഫലവിമുഖസ് സർവഫലങ്ങളിലും താല്പര്യമില്ലാത്ത വിമുഖനായും അതിനോടാഭിമുഖ്യമുണ്ടാക്കുൻ േഷു ഫലേഷു അത്തരം ഫലങ്ങളിൽ ഇവിടെയാണെങ്കിൽ പശുപുത്രാതി പഴയ ഫലങ്ങളൊക്കെ പരലോകത്തിലാണ് ഈ സ്വർഗം സവാസന രാഗത്തെ അവിടെ വാസനയോടുകൂടി രാഗത്തെ ഉപയോഗിക്കും ഇവിടെ പറയുന്നു വാസനമുണ്ടായി നാലാമത്തെ വശീകാരജ്ഞ എന്ന് പറയുന്ന അവസ്ഥയിൽ രാഘുവിലെ വാസന മൂന്നാമത്തെ അവസ്ഥയിൽ വാസന ഉണ്ടായി ഇതാണ് മൂന്നും നാലും നമ്മുടെ വ്യത്യാസമോടെ പറയുക രണ്ടും സ്ഥിതപ്രജ്ഞന്റെ അവസ്ഥ തത്വ അർവാ ചെയ്ത ദശ അടുത്ത ദശ താടോട്ടാണ് താട്ടം എന്ന് പറയുമ ഏകേന്ദ്രിയും വശീകാരം വശീകാരവും ഏകേന്ദ്രവും ചർച്ചയിൽ വ്യതിരേകം എന്ന് പറയുന്ന അവസ്ഥ പ്രവാചീന പരിസ്ഥിതി അതിനും താഴോട്ടുള്ള അവസ്ഥയാണ് അടുത്ത് പറയുന്നത് യ സർവദാന ഭി സ്നേഹത്തത്വ പ്രാപ്യ സുഖാസുഖം അഭിനന്ദനത്വേഷ്ഠി പ്രസിപ്രജ്ഞ ഇത് വ്യതിരേക എന്ന് പറയുന്ന അവസ്ഥ ഇതിന്റെ ഒരു കഴിഞ്ഞ പന്ത്യത്തിൽ ഞാൻ പറഞ്ഞിരുന്നു അമ്പത്തിയാറുകൾ ഇവിടെ രാമാനുചാര്യരുടെ വ്യാഖ്യാനവും ശങ്കരാചാര്യരുടെ പരമ്പരയിലെ വ്യാഖ്യാനമായിട്ട് വലിയ വ്യത്യാസം അത് ശങ്കരാചാര്യരുടെ വ്യാഖ്യാനം ഉണ്ട് മെച്ചപ്പെട്ട വ്യാഖ്യാനം രണ്ടുപേരും അറിഞ്ഞുകൊണ്ട് വ്യാഖ്യാനിക്കുന്നതന്നെ അബദ്ധത്തിൽ വ്യാഖ്യാനം മാറിക്കുമെന്നാണ് ഇവിടെ രാമാനുചാരി ദുഃഖേഷു സുഖേഷു എന്നെല്ലാം പറയുന്നത് സപ്തമിയുടെ അർത്ഥം നിമിത്ത സപ്തമിയായിട്ട് കിടന്നു ദുഃഖത്തിന്റെ നിമിത്തങ്ങൾ ഉണ്ടായിരിക്കുക സുഖത്തിന്റെ നിമിത്തങ്ങൾ ഉണ്ടായിരിക്കുകയോ ആരുടെ ഈ സ്ഥിരപ്രജ്ഞൻ ഞാനീ എന്നാണ് രാമാനുചാര്യൻ വിചാരിച്ചത് ശ്രീ ശങ്കരാജന്റെ സുഖേഷു എന്ന് പറയുന്നത് ദുഃഖം പ്രാപ്തമാകുമ്പോൾ സുഖം പ്രാപ്തമാകുമ്പോൾ എന്നുള്ള അർത്ഥം എടുക്കുന്നു അത് വലിയ വ്യത്യാസം രാമാനുചാര്യതിന്റെ തുടക്കത്തിൽ നേരത്തെ തന്നെ പ്രാരബ്ധത്തെ നിഷേധിച്ചവനൊന്നില്ല എന്ന് പറഞ്ഞു ബാധ്യത ശക്തമായി നിഷേധിച്ച് കാണും സംഗ്രഹര അനുവർത്തി പ്രാരബ്ധത്തെ ഇങ്ങനെ എന്താണ് ദുഃഖേഷു ദുഃഖം പ്രാപ്തമാകുമ്പോൾ അപ്പൊ ദുഃഖപ്രാപ്തി അംഗീകരിക്കുന്നു നിമിത്തമല്ല അത് അങ്ങനെയാണ് ദുഃഖത്തിനുള്ള നിമിത്തങ്ങളുണ്ടായിരിക്കും മനസ്സിലാകുന്നുണ്ടെന്നാണ് സംഗ്രഹാനിക്കുന്ന എങ്ങനെയാണ് ദുഃഖം പ്രാപ്തമായ പ്രാരംഭം കൊണ്ട് ഇതൊക്കെ പ്രാപ്തമായി കഴിഞ്ഞാൽ മനസ്സിലാകുന്നുണ്ട് അത് ഇന്നത്തെ ആധുനികമായ മനുഷ്യന്റെ കാഴ്ചപ്പാട്ട് നമുക്ക് വളരെ യോജിക്കുന്നതാണ് ദുഃഖത്തിന്റെ നിമിത്തങ്ങൾ തന്നെ ദുഃഖം തന്നെ ബാധിക്കാതിരിക്കുമ്പോൾ മനസ്സിലാകാതിരിക്കുക എന്നുള്ളതല്ല ദുഃഖം തന്നെ ബാധിക്കുമ്പോൾ മനസ്സിലാകാതിരിക്കുക എന്ന് വെച്ചാൽ തന്നെ പ്രാപ്തമാകും അല്ലെങ്കിൽ മനസ്സിലാകാതിരിക്കുന്നുള്ളെന്താ പ്രയോഗം റക്കം പോലായിരുന്നു അവിടെ ദുഃഖം പ്രാപിക്കുന്നില്ല മനസ്സിനെ ഇളക്കമില്ല അപ്പോ സ്ഥിതപ്രജ്ഞനെന്ന് പറയുമ്പോൾ ജീവിച്ചിരിക്കുന്നവര് മനുഷ്യന്റെ പ്രജ്ഞയെ കുറിച്ചാണ് പറയുന്നത് മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ അവന് സുഖം ദുഃഖവും പ്രാപ്തമാകും അപ്പൊ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് സ്ഥിതപ്രജ്ഞന്റെ സവിശേഷത മുമ്പോട്ട് വരുന്ന പല ഭാഗങ്ങളിലും ഇതിനോടാണ് ചങ്കര വ്യാഖ്യാനത്തോടാണ് യോജിക്കുന്നത് വലിയൊരു വ്യത്യാസം പ്രാപിക്കുന്നില്ല എന്ന് പറയുന്നു ആ വിഷയമല്ല ചർച്ച ചെയ്യുന്നു പറയുന്ന എന്താണ് ദുഃഖത്തിന്റെ നിമിത്തങ്ങളോടൊപ്പം പറയും ദുഃഖം പ്രാപ്തമാവുമ്പോഴെന്ന് പറയുന്നത് ശങ്കരാചാര്യ ഈ ശ്ലോകത്തിന്റെ വ്യക്തി പറയണം ആ കാര്യം കൂടെ അത് ചർച്ച ചെയ്യുന്നില്ല അത്രയൊരു വിഷയത്തെ കൂടി ചർച്ച ചെയ്യുന്നില്ല അങ്ങനെ ചിന്തിക്കുന്നില്ല അത് നമുക്കിങ്ങനെ പറയാൻ പറ്റും ദുഃഖത്തിന്റെ നിമിത്തങ്ങളും വലിയ അന്തരമുണ്ട് സംഗ്രാഹാരൻ നേരിട്ടതിനെന്താണോ ദുഃഖം പ്രാപിക്കുമ്പോൾ എന്തെങ്കിലും നേടുന്നു എന്ന് പറയുമ്പോൾ അതിന് വളരെ പ്രായോഗികതയുണ്ട് ദുഃഖം പ്രാപിക്കാതിരിക്കാൻ പ്രാപിക്കാതിരിക്കുകയല്ല അതൊക്കെ പ്രാപിക്കും തത്വജ്ഞായന് അതിന് സംഗ്രഹാർക്ക് സമാധാനം ഉണ്ട് എന്താണോ അപ്പൊ പ്രാരബ്ധങ്ങൾ ും ഇനി ഈ പറയുന്ന ഇതിന് എന്താണ് ഇത് നാലാമത്തെ അവസ്ഥ വശീക്കാർ എന്ന് പറയുന്ന നാലാമത്തെ അവസ്ഥയായിട്ട് അത് മൂന്നാമത്തെ അവസ്ഥയായിട്ട് മൂന്നാമത്തെ അവസ്ഥയായിട്ട് ഉണ്ടായി അവിടെ പറയുന്നത് എന്താണ് ദേഹസ്പൃഹ വിരഹ സാമൂഹ്യം നമ്മുടെ മനസ്സിന് ക്ഷോഭം ഇല്ല പിന്നെ ഇല്ല എന്നൊക്കെയാണ് പറയുന്നത് എന്നാൽ എന്നാവിടെ വാസനയുണ്ട് എന്നാ പ്രകടമായിട്ടുണ്ട് പക്ഷെ സഞ്ചാര പറയുന്നു പ്രാരംഭം കൊണ്ട് ഇതൊക്കെ വരാം ഏ എവിടെ പറഞ്ഞിരിക്കും എവിടെ ടുത്ത് നോക്കിയൊന്ന് കണ്ടു വായിച്ച ഇതിന്റെ ഭാഷ പിന്നെ ഞാൻ ഈ ഗീത ഈ ശ്ലോകത്തിന്റെ അർത്ഥം പറയും ആ സങ്കരായത് അങ്ങനെ വ്യാഖ്യാനിച്ചിരിക്കുന്നു എന്ന് ഞാൻ പറയുന്നു െ വ്യാഖ്യാനിച്ചിരിക്കുന്നത് ദുഃഖം പ്രാപിക്കുമ്പോൾ എന്നാണ് ദുഃഖം പ്രാപിക്കുന്നത് യുവ പോലെ നല്ല വ്യാഖ്യാനിച്ചിരിക്കുന്നത് ദുഃഖം പ്രാപിക്കുമ്പോൾ ഭാഷയെടുത്ത് നോക്കുക പിന്നെ ഈ പറയുന്നത് എന്താണ് വേറെ സന്ദർഭങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് ഇവിടെ പറയുന്ന എല്ലാം കൂടെ നമ്മൾ കൂട്ടിപ്പഴക്കത് പറയുന്നുണ്ടാവും ആത്മാവിന് ദുഃഖമില്ല പക്ഷെ ദുഃഖം പ്രാപിക്കുന്നതുപോലെ നമുക്ക് തോന്നുന്നു അത് ജ്ഞാനെ കുറിച്ചല്ല പറയുന്നത് പൊതുവെയാണ് ജ്ഞാനിയായാലും അജ്ഞാനിയായാലും ആത്മാവിനെന്താണോ ദുഃഖം ഇല്ല പക്ഷെ ദുഃഖം ഉള്ളതുപോലെ നമുക്ക് തോന്നുന്നു അതിന് ജ്ഞാനിയാവണമെന്നില്ല അത് മറ്റൊരു സന്ദർഭമാണ് ഇവിടെ എങ്ങനെയാണ് ഈ ചന്ദ്ര വ്യാഖ്യാനിച്ചത് എങ്ങനെയാണ് രമാനികളൊരു വ്യാഖ്യാനിച്ചത് എന്നുള്ളാണ് ഞാൻ പറയുന്നത് അത് കുറച്ചുകൂടി ഏകാഗ്രത വേണം കാര്യങ്ങൾ മനസ്സിലാക്കും ഇവിടെ അങ്ങനെ വ്യാഖ്യാനം ചെയ്യും പ്രാപിക്കുമ്പോൾ എന്നാണ് ഞാനീ ഇതെല്ലാം പ്രാരബ്ധനുസരിച്ചു പ്രത്യേകം പറയുന്നു പ്രാരബ്ധമനുസരിച്ചിതെല്ലാം ഞാൻ ഇനി പ്രാപിക്കുന്നു പക്ഷെ അവിടെയാണ് എന്താണ് മനസ്സിലാകുന്നില്ല എന്ന് പറയുമ്പോൾ ഇന്ന് ഞാൻ കഴിഞ്ഞ സമയം ഇന്ന് സ്ഥിരപ്രജ്ഞത എന്ന് പറയുന്നത് ഇന്നത്തെ ആധുനികമായ സൈക്കോളജിക്ക് ഇപ്പൊ ഒരുപാട് ചർച്ച ചെയ്യുന്നതായിരുന്നു ഇങ്ങനൊരു ആശയം പ്രായോഗികമാണ് പ്രാവർത്തികമാണോ അത് വേണ്ടതാണെന്നുള്ള അഭിപ്രായമാണ് പക്ഷേ പണ്ട് പറഞ്ഞിരിക്കുന്ന പോലെ എന്തെങ്കിലും ഒരു മിസ്റ്റിക്കല അനുഭവമായിട്ടല്ല പ്രാക്ടീസിലൂടെ മനുഷ്യർ അങ്ങനെ എന്താണ് ഒരു സ്റ്റെബിലിറ്റി മനസ്സിന് അങ്ങനെ സ്ഥിരത കൈവരിക്കാൻ കഴിയും എന്നാണെന്നും പഠിപ്പിക്കുന്നത് പഠിക്കുന്നത് ഇതിനൊക്കെ വികാരങ്ങളെയൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചാണല്ലോ ഇന്നും എന്നും മനുഷ്യൻ ചിന്തിക്കുന്നതിനെ അങ്ങനെ എന്താണ് അങ്ങനെ ഒരാൾക്ക് കൈകാര്യം ചെയ്താൽ കഴിഞ്ഞാൽ അതിലെന്തെങ്കിലും പ്രത്യേക ദിവ്യത്വമോ ഗുരുത്വമോ അതൊന്നും അംഗീകരിക്കുന്നില്ലെങ്കിലും ഏതൊരു മനുഷ്യനും ഇതൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ട് മനസ്സിനെ അസ്ഥിരതയിലേക്ക് കൊണ്ടുവരാം സ്ഥിരത എന്ന് പറഞ്ഞാലും എന്താണ് പെർമനന്റായി മനസ്സിന് ഒരവസ്ഥ വയ്ക്കാമെന്ന് പറയുന്നില്ല പക്ഷെ അത് സ്റ്റേബിളായിരിക്കും എന്ന് പറയും ഒരിക്കലും മനസ്സ് മാറാതെ ഇങ്ങനെ എന്ന് പറയും മാറ്റങ്ങളൊക്കെ സംഭവിക്കും എന്നാലും എന്നാലും അത് സ്റ്റേബിളായി രാഗദ്വേഷാദികളൊന്നും ഇല്ലാത്ത പെർമനന്റായ ഒരവസ്ഥ മനസ്സിനുണ്ടാവും പറയും അല്ലെങ്കിൽ അതൊന്നും ബാധിക്കാതിരിക്കുന്ന ഒരവസ്ഥ ആത്യന്തികമായ ഒരവസ്ഥ അതൊന്നുമില്ല അപ്പോ അങ്ങനെ പറയുമ്പോ സങ്കരായിട്ട് പറയുന്നതിനോട് ചോദിച്ചിരിക്കും കാരണം അപ്പോ അവിടെ അംഗീകരിക്കുന്നു വരാം പ്രാരംഭം കൊണ്ട് വരാം രാമാനുജ് അങ്ങനെ ഒരു ഏർപ്പാടേ തന്നെയായിരിക്കും അതുകൊണ്ട് അതിനനുസരിച്ച് വരുമ്പോ വീതരാഗയബോധ എന്നൊക്കെ പറയുന്നിടത്ത് കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരർത്ഥം പറയാൻ പറ്റും സംഗ്രഹയ പറയുന്നതിനനുസരിച്ച് അപ്പം അവിടെ ഭയക്രോധങ്ങളെല്ലാം ഇങ്ങനെ പ്രാപിക്കുന്നത് ദുഃഖം പ്രാപിക്കുന്നു പക്ഷെ അതിൽ ഭയമില്ല ദുഃഖം പ്രാപിക്കുന്നു പക്ഷെ അതിൽ ക്രോധമില്ല അങ്ങനെ അങ്ങനെ പറയുമ്പോൾ അത് പ്രായോഗികമാണ് കൂടുതൽ പ്രായോഗികമായൊരു കാര്യമാണ് മനസ്സിൽ പെർമനന്റായിട്ട് ഭയമില്ല അവബോധമില്ല അങ്ങനെയൊരർത്ഥമില്ല അങ്ങനെ ഒരർത്ഥം പറയേണ്ട ആവശ്യം വരുന്നില്ല അപ്രായോഗികമായി ഒരു വ്യാഖ്യാനത്തിൻ്റെ ആവശ്യമുണ്ട് അങ്ങനെ ശങ്കരാചാര്യരുടെ വ്യാഖ്യാനത്തിൻ്റെ ഒരു അത് നമ്മൾ മനസ്സിലാക്കണം അത് മസവന സരസ്വതി പറയുന്നത് ജ്ഞാനം കൊണ്ട് അജ്ഞാനം നശിക്കും ഞാനങ്ങൾ നശിച്ചു കഴിഞ്ഞാൽ അജ്ഞാന കാര്യമാണ് ഭ്രാന്തി ഭ്രാന്തി ഇല്ലാതെ പക്ഷെ പ്രാരബ്ധം കൊണ്ട് വരാനുള്ള വന്ന് ചെയ്തു ഭ്രാന്തി എന്ന് പറയുമ്പോൾ ദേഹാത്മാവ് അത് പോയി ബാധിതം പോയിന്ന് വെച്ചാൽ അത് ബാധിതം ഞാൻ പക്ഷെ പൂർവ്വ ജന്മങ്ങളുടെ കർമ്മത്തിന്റെ സംസ്കാരം കൊണ്ടാണ് ഈ ജന്മം കിട്ടിയത് ഇവിടെ തുടരുന്ന കുറേ കാര്യങ്ങളുണ്ട് ആരൂപത്തിൽ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ വരും തത്വജ്ഞാനിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അവിടെ ഈ പറയുന്ന ഡിസിപ്ലിൻ ഒക്കെ ശരിക്കും ശീലിച്ചിട്ടുള്ളതുകൊണ്ട് ഒരു അജ്ഞനെ പോലെ തത്വജ്ഞാനിയെ ബാധിക്കും നൂറ് ശതമാനമൊന്നും ഇല്ലാതാകുന്നുണ്ടാണെന്ന് പറയുന്നത് അതൊക്കെ സംഭവിക്കും അത് കുറച്ചുകൂടെ ഒരു റീസണബിൾ ആയിട്ടുള്ള വേഖാനും അപേക്ഷിച്ചു അപ്പോ ആധുനികമായ ചിന്തയിൽ പറയുന്നതും ഡിസിപ്ലിൻ കൊണ്ടുള്ള പ്രയോജനം പറയുന്നത് പൂർണ്ണമായിട്ട് ഇതൊന്നും ഒഴിവാക്കുകയല്ല പുതിയ ശീലങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കാറുണ്ട് അത് സാധിക്കുന്നു പഴയ ശീലങ്ങളെ മാറ്റി പുതിയ ശീലങ്ങളെ ഉണ്ടാക്കിയെടുക്കാൻ വിഭ്യാസമെന്ന് സാടുകയും അതുതന്നെ പറയും സദ്ഗുണങ്ങള് ദേവീ സമ്പത്തിനെ വളർത്തി കൊടുക്കാൻ അവർ പ്രായോഗികമായതായിരുന്നു പഴയ പല സ്ഥിരങ്ങളും പഴയതെന്ന് വെച്ചാൽ ഇങ്ങനൊരു ദേവീ സമ്പത്ത് വേണമെന്നൊരാൾ ആഗ്രഹിക്കുന്നതിന് മുമ്പോ ശില അപ്പൊ അങ്ങനെ ഒരു ദൈവീ സമ്പത്ത് വേണമെന്നൊരാൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് മറ്റുള്ളവരെയൊക്കെ മാറ്റിവെക്കി ശീലിക്കും അത് പറയുന്നുണ്ട് പിന്നെ ഏറ്റവും പ്രധാനമായും വരുന്ന ഒരു കാര്യമാണ് ിക്കാത്ത മനസ്സ് ഈ ക്ഷോഭം എന്ന് പറയുന്നത് എന്താണ് മനസ്സിന്റെ ക്ഷോഭം എന്താണോ പറയും അങ്ങനെ നമ്മൾ സ്ട്രെസ് എന്ന് പറയും ഇന്ന് മാനസികമായ സമ്മർദ്ദങ്ങൾ ആ സമ്മർദ്ദങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള ശേഷിപ്പോൾ ഇവിടെ ഇപ്പം അർജുനനിൽ നിന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് എന്താണ് സ്ട്രെസ് കൈകാര്യം ചെയ്യാത്ത ഒരാളായിട്ടാണ് ഒരു മനുഷ്യന്റെ മനസ്സിൽ സ്ട്രെസ് ഉണ്ടാകുമ്പോൾ തുറന്ന് സംഭവിക്കുന്ന കാര്യങ്ങളാണ് ദുഃഖം നിലവിളി ഇതൊക്കെയാണ് ഇവിടെ അർജുനനും പ്രദർശിപ്പിക്കുന്നു ഇത് അയാളുടെ മനസ്സിലുണ്ടാകുന്ന സംഘർഷത്തിന് തുടർന്നു വരുന്ന കാര്യമല്ല ഇതൊന്നും വ്യത്യാസമില്ല ഭാഷ കുറച്ചുകൂടി കഠിപ്പിച്ച് പറയുകയാണെങ്കിൽ പ്രക്ഷോഭം എന്നൊക്കെ പറയാം പ്രക്ഷുബ്ധം ജനം മനസ്സാകാം പ്രക്ഷുബ്ധം എന്ന് വെച്ചാൽ വളരെ സ്ട്രെസ്സുള്ള മനസ്സ് അപ്പോ അവിടെ അങ്ങനെ ഉള്ളപ്പോൾ തന്നെ അതില്ലാത്തപ്പോഴല്ല അങ്ങനെ ഒരു സമ്മർദ്ദം മനസ്സിൽ വരുമ്പോൾ തന്നെ ക്രമേണ അങ്ങനെ മാറ്റിയെടുക്കും അതിനുള്ള ഉപദേശങ്ങളാണ് അത് പ്രായോഗികമായ കാര്യമാണ് അതിനെ മനഃശാസ്ത്രത്തിൽ സ്ട്രെസ് അഡാപ്റ്റേഷനും എന്താ പറയുക നമുക്ക് ഒരു സമ്മർദ്ദം അനുഭവിക്കും ആ സമ്മർദ്ദം അനുഭവിച്ചാലേ നമുക്കറിയാൻ പറ്റൂ നമ്മുടെ മനസ്സ് സമ്മർദ്ദത്തിന് വഴങ്ങുന്നതാണോ എന്നറിയാൻ പറ്റും പിന്നെ അതിനെ അനുഭവിച്ചുകൊണ്ട് അവിടെ നമ്മളിൽ അഡാപ്റ്റേഷൻ സംബന്ധിച്ച ആ സമ്മർദ്ദത്തിൽ നമ്മൾ മോഹിതനാകും ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും ഇത്തരം സമ്മർദ്ദത്തിലുള്ള അവസരങ്ങളുണ്ട് പലപ്പോഴും നമ്മൾ അത് തിരിച്ചറിയത്തില്ല തിരിച്ചറിയുന്ന സന്ദർഭങ്ങളിൽ തിരിച്ചറിയണം മനുഷ്യൻ ഞാനിതിനെ പറ്റിയവനാണോ എന്ന് തന്നെ കുറിച്ച് തിരിച്ചറിയും ഏറ്റവും വലിയ ഏറ്റവും നല്ല ഉദാഹരണമാണ് നമ്മൾ പ്രസംഗിക്കാൻ സ്വീകരിക്കാറുള്ളത് അപ്പോൾ പ്രസംഗിക്കാനായിട്ടൊരാളെ കുറിച്ച് സ്റ്റേജിൽ കേറ്റുമ്പോൾ അയാൾക്ക് അറിയത്തില്ല അതുവരെ എന്താണ് എനിക്ക് പ്രസംഗിക്കാൻ പറ്റുമോ ഇല്ലയോന്നും അറിയത്തില്ല അങ്ങനെയൊരു സന്ദർഭത്തെ ഒരു സമൂഹത്തെ അയാൾ അഭിസംബോധനയിൽ പല പല പ്രശ്നങ്ങളാണ് ഒന്നിട്ട് വലിയ ഒരു ഓഡിയൻസിനെ അഭിസംബോധനയിൽ മുമ്പിലിരിക്കുന്ന മൈക്ക് പിന്നെ തന്നെ കുറിച്ചുള്ള ഒരു കോൺഫിഡൻസിന്റെ എനിക്കെന്തെങ്കിലും ആശയവരവ് അപകരിപ്പിക്കാൻ പറ്റും ഞാൻ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന മതിയാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇതിനൊക്കെ അംഗീകരിക്കുന്നു ഇതൊക്കെ ചെന്നിച്ച് ചെന്നിട്ടും മനസ്സിൽ വലിയ സ്ട്രെസ് ഉണ്ടാക്കിട്ട് അവിടെ കയറിയിരിക്കുമ്പോഴത്തേക്ക് ഇറക്കി ബാക്കിയുടെ വരത്തില്ല കാണാതെ പിടിച്ചൊക്കെ മറന്നുപോകും അപ്പോ ഇങ്ങനെ ഒക്കെ സംഭവിക്കുമെന്നുള്ളത് അയാൾ മുൻകൂട്ടി പ്രതീക്ഷിക്കുന്നുണ്ട് അയാൾ സ്റ്റേജിലേ കയറിയിട്ടില്ല പക്ഷെ പെട്ടെന്ന് അങ്ങോട്ട് ശരി കയറിയിരിക്കുമ്പോൾ ഈ വരുന്നത് തന്നെയാണ് സ്ട്രെസ് സമ്മർദ്ദം അപ്പൊ ആദ്യം സംസാരിക്കും വരച്ചുകൊണ്ടാണ് സംസാരിക്കും പഠിച്ചതെന്നും പറയുന്നു വേറെ വേറെക്കൊന്നും ചുണ്ടൂ ഉണങ്ങിപ്പോകുന്നു അതൊക്കെ സ്ട്രെസ്സിന്റെ ഫലമാണ് എങ്ങനെയാണ് നമ്മുടെ മനസ്സ് നമ്മുടെ ബ്രെയിനിനെ ബാധിക്കുന്നതിന് ഇതിലും പറ്റിയൊരു ഉദാഹരണം ഇല്ല നൂറൽ പ്ലാസ്റ്റിസിറ്റി ഇതെ കുറിച്ച് പഠിക്കുന്നവരിതിനായി ഒരണം നമ്മുടെ മനസ്സിന്റെ അവസ്ഥ നമ്മുടെ ബ്രെയിനിന് വളരെയധികം സോ അപ്പൊ ഇത് ഇതിനെങ്ങനെ മാനേജ് ചെയ്യും അതിനാണ് അഡാപ്റ്റേഷൻ പോയി എന്ന് വെച്ചാൽ ഇത് പരിചയക്കേല വരെ വഴിയില്ല ഇതിന് കരകയറാൻ ഒരേ ഒരു വഴിയേ ഉള്ളു വീണ്ടും വീണ്ടും വീണ്ടും പ്രസംഗിക്കുക അതാണ് അഡാപ്റ്റേഷൻ ആ സമ്മർദ്ദം ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളോട് ഇടപഴകുക ബ്രെയിൻ അതിനനുസരിച്ച് മാറും ബ്രെയിൻ മാറുമ്പോൾ സംഭ്രമില്ല ഒരു തവണയും രണ്ടു തവണ മൂന്ന് തവണയും നാലുമണിയായി പോലെ സംരംഭമില്ലാതെയാണ് അപ്പോ നമ്മളുടെ മനസ്സിന് സ്ട്രെസ് ഉണ്ടാകുന്ന സാഹചര്യങ്ങളുമായി ഇടപഴകി ആ സ്ട്രെസ്സിന്റെ സ്വയം തിരിച്ചറിയും ആ ഇടപഴകൽ കൊണ്ട് നിന്ന് മോചനം നേടുക അതിനാണ് സ്ട്രെസ് അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത് അപ്പോൾ അത്തരത്തിലാണ് ഇവിടെ പറയുന്ന കാര്യം സുഖദുഃഖങ്ങളൊക്കെ നമുക്ക് അനുഭവിക്കാൻ അവസരം വരുമ്പോൾ അത് അനുഭവിച്ചിട്ട് അതിനെ അതിജീവിക്കുക എന്നുള്ളതാണ് സ്ട്രെസ്സിന് ആദ്യം അതിനെ അതിജീവിക്കുക അനുഭവിക്കാത്തവന് ഇങ്ങനെ ഒരിക്കലും അതിജീവിക്കാവുന്ന ശേഷിയുണ്ടാവും കാരണം അനുഭവിക്കാത്തവനെ സംബന്ധിച്ചിടത്തോളം ഇത് വരുമ്പോൾ സമ്മർദ്ദത്തെ എങ്ങനെ അതിജീവിക്കുന്നവനൊരു പിടിയില്ലാതെ അതുകൊണ്ട് അതനുഭവിക്കാവുന്നതാണ് പ്രാഥമിക അപ്പോൾ വലിയൊരു സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ നമുക്ക് തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാതെ അങ്ങനെ ഏറ്റവും വലിയൊരു പ്രശ്നം സമ്മർദ്ദത്തിൽ തീരുമാനമെടുക്കാൻ പറ്റും ഡിസിഷനിലേക്ക് പക്ഷെ അത് ശീലമായി കഴിഞ്ഞാൽ അതുമായിട്ട് പരിചയമായി കഴിഞ്ഞാൽ പിന്നെ അയാളെ സംബന്ധിച്ചെന്താണ് അതിന് പ്രാധാന്യം കൊടുക്കുന്നത് അപ്പോൾ ക്രമേണ ക്രമേണ അതിൻ്റെ വിഷയമല്ലാതായിരിക്കും ോപണങ്ങൾ ഉന്നയിക്കുന്നു രാഷ്ട്രീയക്കാരെയൊക്കെ നോക്കാം എന്തെല്ലാം ആരോപണങ്ങൾ അവരെ കുറിച്ച് ഉന്നയിക്കുന്നു മറ്റുള്ളവർ എതിരാളികൾ ഇതുമായിട്ട് പരിചയമില്ലാത്ത ഒരാൾക്കാണെങ്കിൽ ഇതൊക്കെ നടത്തുമ്പോൾ തളർന്നു എന്നെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു പലതും അസത്യമായിരിക്കും പലത് സത്യമായിരിക്കും അവരെ സംബന്ധിച്ചിടത്തോളം സത്യവും അസത്യവും ഒരുപോലെ എത്ര എത്ര ആരോപണങ്ങൾ വരുന്നു അതിനനുസരിച്ച് അവരുടെ പ്രതിരോധ ശക്തി വർദ്ധിച്ചു വരികയാണ് പ്രതിരോധിക്കുന്നവർ അവരുടെ തീരുമാനങ്ങൾ എടുക്കുന്നതിനോ പ്രവർത്തനങ്ങളേനോ അത് ബാധിക്കുന്നേ മലയാള ഭാഷയിൽ അതിനെ തൊലിക്കട്ടി എന്ന് പറയും സൈക്കോളജിയിൽ സ്ട്രെസ് മാനേജ്മെന്റ് എന്ന് പറയും രണ്ടുമൊന്നാണ് അതായത് ഒരാളെക്കുറിച്ച് ആരോപണങ്ങൾ കേട്ട് കേട്ട് കേട്ട് കേട്ട് കേട്ട് അവസാനം അയാളതിന് നിസ്സാരവൽക്കരി അതിനെ തൊലിക്കെട്ടിരുന്നുണ്ട് അവർക്ക് ഒരു പ്രശ്നമേ ഇല്ല അങ്ങനെയാണെങ്കിൽ രാഷ്ട്രീയത്തിൽ നിൽക്കാൻ പറ്റും കാരണം വളർന്നു വരുന്നത് അങ്ങനെ അടി അക്രമം ഇതിലൂടെ വളർന്നു വരുന്നു പെട്ട് കുത്ത് കൊലപാതകം ഇതാണ് ഇവരുടെ മാർഗം അപ്പൊ ഈ മാർഗത്തിലൂടെ വളർന്നു വരുന്നവർക്ക് പിന്നെ എന്തോന്ന് സ്ട്രെസ് അതിലൂടെ അവര് വളർന്നു വരുന്നത് അവരെ പ്രത്യേകിച്ച് സ്ട്രെസ് മാനേജ്മെന്റും പഠിപ്പിക്കേണ്ട ഭഗവത്ഗീതയും പഠിക്കേണ്ട കാര്യം ഇതുമൊക്കെ ഒരു പരിചയം ഇല്ലാത്തതല്ല അവര് ഇത്തരം സാഹചര്യങ്ങളിൽ പെട്ടുപോയി കഴിഞ്ഞാൽ വിഷമില്ല അല്ലെങ്കിൽ അർജുനനെ പോലെയായിരുന്നു അർജുനന് അടി ഇടി ഇടിയൊക്കെ പരിചയമാണ് വിട്ട് കൊട്ട് കൊലപാതകം എന്ന് പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റ് പോലെ എന്നും ചെയ്യുന്ന പക്ഷേ മറ്റൊരു പ്രശ്നം വന്നപ്പോഴൊപ്പിജ്യിക്കാൻ പറ്റില്ല നിരന്തരം ചെയ്യുന്ന ആ പണി അവിടൊപ്പം വേറൊരു കാര്യമാണ് അപ്പൊ അവിടെ തകർന്നു മനുഷ്യന് ഇതുപോലെയാണ് അത്ര പുതിയ സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കേണ്ടി അവിടെ ഉണ്ടാക്കുന്ന സമ്മർദ്ദം ആ സമ്മർദ്ദത്തെ അതിജീവിക്കുന്നു ജീവിതത്തിൽ ഇത്തരം സമ്മർദ്ദങ്ങളെ സ്വീകരിക്കാനുള്ള അവസരം ശീലിക്കാനും അതിജീവിക്കാനുമുള്ള അവസരം കിട്ടാത്ത ആൾക്കാരാണ് ഈ ആത്മഹത്യ ചെയ്തുകൊണ്ട് ഇന്നത് നിരന്തരം കേൾക്കാം നിസ്സാരമായ കാര്യങ്ങൾക്ക് ആത്മഹത്യ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഇവര് കുട്ടിക്കാരം പോലെ ഓവർ പ്രൊട്ടക്ഷനാണ് എല്ലാ തരത്തിലുള്ള സംരക്ഷണങ്ങൾ കൊടുത്ത് പിള്ളേരെ വളർത്തും അവർക്ക് സമ്മർദ്ദങ്ങളുടേതായ സാഹചര്യങ്ങളിലേക്ക് അവർക്ക് ഒരിക്കലും പോകാൻ പറ്റും ഒരിക്കലും പറ്റത്തില്ല അപ്പോ ചെറിയൊരു സമ്മർദ്ദം വരുമ്പോ അവരെ തളർന്നു പോവും ആത്മഹത്യയിലേക്ക് പോവും അല്ലെങ്കിൽ ജീവിതാന്ത്യം വരെ അവർക്ക് ആ പ്രൊട്ടക്ഷൻ എത്തിക്കൊണ്ടിരിക്കും അവരെ ആരെങ്കിലും സംരക്ഷിച്ചുകൊണ്ടിരിക്കണം എപ്പോഴും ജീവിതത്തിൽ ഏറ്റവും വലിയ അപകടകരമായ കാര്യമാണ് അതായത് നമ്മൾ ഈ ലോകത്തെ ജീവിക്കുകയാണെങ്കിൽ ഏറ്റവും അപകടകരമായ കാര്യമാണ് മറ്റൊരാളുടെ പൂർണ്ണ സംരക്ഷണയിൽ കഴിയാൻ കൂടി അപ്പോൾ ആ സംരക്ഷണ വലയത്തിൽ പുറത്തുപോയി ജീവിക്കാനുള്ള ശേഷി നഷ്ടപ്പെട്ടു അത്തരം സാഹചര്യങ്ങളും നേരിട്ടുള്ള പരിശീലനം ഇല്ലാതെ ഈ അപകടമാണ് എല്ലാ ജീവിത സാഹചര്യങ്ങളിലും നേരിട്ട് തന്റെ ആ അതിജീവനശക്തിയെ ബലപ്പെടുത്തി ബലപ്പെടുത്തി കഴിഞ്ഞാൽ അവർക്ക് ഏത് സാഹചര്യത്തെയും അതിജീവിക്കാനും അല്ലാത്തവർക്ക് കഴിയില്ല അവരെപ്പോഴും പ്രൊട്ടക്ഷൻ ആഗ്രഹിച്ചുകൊണ്ടേ ഒരിക്കലും സ്വതന്ത്രമായൊരു ലോകം സ്വതന്ത്രമായൊരു ജീവിതം ഒരിക്കലും പരിചയമില്ലാതെ ൊട്ടക്ഷൻ കിട്ടണെങ്കിൽ കുഴപ്പമില്ല പക്ഷെ അത് കിട്ടാതെ വന്നു കഴിഞ്ഞാൽ അവരുടെ ജീവിതം എന്ന് പറയുന്നത് പിന്നെ പൂർണ്ണമായ സമ്മർദ്ദത്തിലായി അതുകൊണ്ട് കുട്ടികളെ ഒരുപാട് പ്രൊട്ടക്ഷൻ വളർത്തുന്ന വലിയ അപകടകരമായിരുന്നു അങ്ങനെ വളരുന്നതും ദോഷം ചെയ്യുന്ന കാര്യങ്ങളാണ് യൂസ്ലെസ്സായി സമൂഹ ജീവിതത്തിൽ പറ്റാത്തവരായി ഇപ്പൊ അർജുനൻ എന്താണ് ഈ വെട്ടുകുത്ത് കൊലപാതകത്തിലാണ് വളർന്നു വന്നതെങ്കിലും പുതിയൊരു സാഹചര്യം പെട്ടെന്ന് തള്ളൂ അവിടെ വീണ്ടും സ്ട്രെസ് അഡാപ്റ്റേഷൻ വേണ്ടി അപ്പൊ നമ്മൾ ഏതെല്ലാം സാഹചര്യങ്ങളെ ഒരുപാട് സാഹചര്യങ്ങൾ നമ്മൾ ജീവിതത്തെ അഭിമുഖീകരിച്ച് അതിജീവിച്ചിട്ടുണ്ടെങ്കിലും പുതിയ ചില സാഹചര്യങ്ങൾ വരുമ്പോൾ തളർന്നു പക്ഷേ ഈ സ്ട്രെസ്ഫുള്ളായിട്ടുള്ള സാഹചര്യങ്ങളെ നേരിട്ട് ശീലിച്ച പുതിയ പുതിയ സമ്മർദ്ദങ്ങൾ വന്നാലും അതിനെ ഒരു ശേഷി തനിയുണ്ടാവും അതാണ് പ്രസംഗിച്ച് സംഭ്രമം മാറിയ ഒരാൾക്ക് ഏത് സ്റ്റേജായാലും ഇവിടെ കയറിയാണ് സംസാരിക്കുന്നത് എത്ര ആൾക്കാരെ അഭിസംബോധന ചെയ്യുന്നതിനും അയാൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലയാളെ കുറിച്ച് ചിന്തിക്കുന്നില്ല തന്റെ മനസ്സിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുന്നുണ്ടോ തന്റെ നാക്ക് വളരുന്നുണ്ടോ വരണ്ടുപോകുന്നുണ്ടോ ചുണ്ടുണങ്ങുന്നുണ്ടോ എന്നും അയാളുടെ ശ്രദ്ധയിടെ വരുന്നില്ല കാരണം അത് അതിജീവിച്ചു കഴിഞ്ഞു അതുകൊണ്ട് ഇനി തത്വജ്ഞാനി ആയാലും ശരി ഇത്തരം സന്ദർഭങ്ങൾ വരും എന്നാണ് ശങ്കരാചാ നമ്മൾക്ക് സമ്മർദ്ദം ഉണ്ടാക്കുന്ന ഇതൊക്കെയാണ് ശ്രോതക്കങ്ങളാണ് അത് ഉണ്ടാകും ഉണ്ടാകുമ്പോൾ അവിടെ സമ്മർദ്ദമില്ലാതെ അപ്പം അതിനുള്ള വഴി ഇതാണ് ഒരു ഡിസിപ്ലിൻ ശീലിച്ചു വരിക അതിനനുസരിച്ച് നമ്മുടെ ബ്രെയിൻ മാറിക്കോളാം ഇപ്പൊ ന്യൂറൽ പ്ലാസ്റ്റിസിറ്റി ഹാബിറ്റ് ഫോർമേഷൻ സ്ട്രെസ് അഡാപ്റ്റേഷൻ എന്നൊക്കെയാണ് ഇതിന് സൈക്കോളജി പറയുന്ന കാര്യം അപ്പൊ ഡിസിപ്ലിൻ ഇതിന് വളരെയധികം പ്രാധാന്യം നമ്മുടെ ഒരു വികാരവും നമുക്ക് ഉപയോഗശൂന്യമായിട്ടുള്ളതല്ല എന്ന് പറയുന്നു ഒരു വികാരവും ഉപയോഗശൂന്യമായ വികാരങ്ങൾ നമ്മുടെ ഉടനെയാണ് എല്ലാം നമുക്ക് ഏതെങ്കിലും തരത്തിൽ പ്രയോജനപ്പെടുന്നതാണ് പക്ഷെ അതിനെ നമുക്ക് മാനേജ് ചെയ്യാൻ കഴിയാതെ വരുമ്പോ അത് നമുക്ക് ദോഷം ചെയ്യുന്നു എന്നുള്ളതാണ് അവിടെയാണ് തരാറ് അതുകൊണ്ട് നമ്മൾ പിന്നെ ഒരു ജീവിത സാഹചര്യത്തിൽ ഇങ്ങനെ സമൂഹമായിട്ടൊന്നും വലിയ ബന്ധമില്ലാതെ അല്ലെങ്കിൽ എന്നും നമുക്ക് ചിരപരിചിതമായ ഒരു ജീവിത സാഹചര്യത്തിൽ ഒരു പ്രത്യേക ദിനചര്യയിൽ ജീവിച്ചു പോകുമ്പോൾ നമുക്ക് സമ്മർദ്ദത്തിനുള്ള സാഹചര്യങ്ങൾ വളരെ കുറവാണ് അവിടെ നമ്മൾ സ്ഥിതപ്രജ്ഞനാകുന്ന നമ്മുടെ ഒരു ശേഷിയോ കഴിവോ ഒന്നുമല്ല അത് നമ്മുടെ ഒരു ശീലം കൊണ്ട് നമുക്ക് സ്വാഭാവികമായി വന്നു അവിടെ നിന്ന് മാറിയൊരു സാഹചര്യത്തിലേക്ക് ചെല്ലുമ്പോഴും അവിടെ ശാന്തമായിരിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് അവിടെയും ശാന്തമായിരിക്കാൻ കഴിഞ്ഞു അതുകൊണ്ട് ഈ പറയുന്ന നിമിത്തങ്ങളെല്ലാം അവനവരിൽ തന്നെ ഏത് സമയം വരാം അത് ഞാനിന്നോ അജാനൊന്നും വ്യത്യാസമില്ല എന്ന് പറയുന്ന വ്യാഖ്യാനമാണ് ഇവിടെ കൂടുതൽ യോജിക്കുന്നത് മനുഷ്യന്റെ എന്താണ് ജീവിതം അവന്റെ അവസ്ഥ അവന്റെ ജീവിത സാഹചര്യങ്ങൾ ഇതൊക്കെ അനുസരിച്ചിട്ടാണ് ഇത്തരം കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് അതായത് ഒരു മനുഷ്യന് കർമ്മശേഷിയുള്ള ഒരു മനുഷ്യൻ അവന് പ്രവർത്തിക്കാൻ ശേഷിയുണ്ട് പ്രവർത്തിക്കാൻ അവസരമുണ്ട് അത് പ്രവർത്തിക്കേണ്ടെന്ന് പറയുന്നവൻ്റെ കർത്തവ്യമായിരിക്കും ആ സമയത്ത് അവൻ കർമ്മമണ്ഡലത്തിൽ നിൽക്കുമ്പോൾ അവരെങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്നുള്ളതാണ് ഇത് ആവശ്യങ്ങൾ വരുന്നത് അർജുനനെ പോലെ ഒരു യോദ്ധാവ അവിടെ ഇത്തരം നിലപാട് അത് ആ സാഹചര്യങ്ങളെ ശീലിച്ച് അതിനെ അതി കാരണം സ്ട്രെസ്സിനെ നേരിടുന്ന സമയത്ത് അതിന്റെ അഡാപ്റ്റേഷൻ സംഭവിച്ചു കഴിഞ്ഞാണ് മനസ്സിന് ശാന്തത ഒരേ സമയം സ്ട്രെസ്സും ഒരേ സമയം ശാന്തി വരത്തിൽ അപ്പോ പ്രവർത്തിക്കാൻ ഒരാൾ ശേഷിയുണ്ടോ അതിന്റെ സാഹചര്യങ്ങളാണോ അങ്ങനെയുള്ള സ്ഥലത്ത് അയാൾ എങ്ങനെയാണ് സ്ട്രെസ്സിനെ അതിജീവിക്കേണ്ടതെന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത് ഈ അർജുനന് ഇനിയൊരു ജീവിതമുണ്ട് യുദ്ധമൊക്കെ കഴിഞ്ഞ് അത് കഴിഞ്ഞ് വാനപ്രസം അല്ലെങ്കിൽ സന്യാസം അത് യുദ്ധം ചെയ്യാൻ പോകുന്നതല്ല അപ്പോൾ തൻ്റെ ഈ സ്കില്ലുകളെല്ലാം പിന്നെ അവിടെ തീർന്നു ഫൈറ്റ് ചെയ്യുന്നതിനുള്ള ശേഷി അത് പോയി അപ്പോൾ എൻ്റെ ഇന്ന് സമൂഹത്തിൽ നിന്ന് മാറി വേദാന്തയിലേക്ക് പോയി അവിടെ ഈ അപ്പൊ അവിടെ ഇവിടുത്തെ സാഹചര്യങ്ങൾ അവിടെ നേരിടേണ്ട ആവശ്യം വരുന്നുണ്ട് അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിലാണ് പറയുന്നത് മനുഷ്യൻ ശാന്തമായ അന്തരീക്ഷത്തിൽ ശാന്തമായിരിക്കണം അതാണ് പഴയ സന്യാസമെന്നുള്ള ആശയമൊക്കെ പഴയകാലത്ത് വന്ന് അങ്ങനെ ജീവിതാവസ്ഥകൾ മാറിക്കൊണ്ടിരിക്കുന്നു ബാല്യകാലമല്ലല്ലോ യുവത്വവും അതല്ലല്ലോ വാർദ്ധക്യം അങ്ങനെ ഒരു സാഹചര്യം വരും ഞാൻ ഈ പറയുന്നത് എന്നുവെച്ചാൽ ഒതുങ്ങി ശാന്തമായിരിക്കേണ്ടത് എന്നെ പോലെയുള്ള വയസ്സന്മാരെന്ന് പറഞ്ഞു വയസ്സായാലും എന്നെ വേലത്തിലും കൊണ്ട് നടക്കരുതെന്നാണ് ഞാൻ പറയുന്നതിന്റെ ചുരുക്കം മനസ്സിലായത് ശാന്തമായ രീതി ജീവിക്കാൻ ശ്രമിക്കുക ഒരുപാട് അതായത് റിട്ടയർമെന്റ് എന്ന് പറയും അപ്പോൾ ഓരോന്നിൽ നിന്നും ക്രമേണ ക്രമേണ റിട്ടയറായി വരണം അവസാനം സമാധാനമായി ജീവിക്കാൻ അതാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് എപ്പോഴും അതുതന്നെ പറയും നമുക്ക് എന്താണ് പ്രവർത്തിക്കണമെങ്കിൽ അതിന് ആ ശേഷികളൊക്കെ പ്രവർത്തിക്കുക പ്രവർത്തിക്കാൻ ശേഷിയുള്ളപ്പോൾ പ്രവർത്തിക്കുക തന്നെ വേണം അപ്പോഴാണ് ഇതിൻ്റെയൊക്കെ ആവശ്യം വരുന്നത് അപ്പം ഇത് മനുഷ്യന് ഒരു പാകതയുണ്ടാകും ഒരു ഡിസിപ്ലിനൊക്കെ ഒരു മെച്ചൂരിറ്റി ഉണ്ടാവും ആ മെച്യൂരിറ്റിയാണ് അവനെ സന്യാസത്തിൽ എത്തിച്ചേർ എത്തിക്കുന്നത് ശരിയായിട്ടുള്ള സന്യാസം അപ്പവിടെ അവൻ എന്ത് ചെയ്യുന്നു കർമ്മങ്ങളെല്ലാം വിട്ട് അവൻ കഴിയുന്നത്ര ശാന്തമായി ഇരിക്കാൻ ശ്രമിക്കും അവിടെ അവൻ കർമ്മത്തിൽ ഇടപെട്ടാലും പഴയതുപോലെ ശോഭിക്കത്തില്ല അതുകൊണ്ടും അവന് ഒരു വിശ്രമ ആവശ്യമാണ് സന്യാസം ആവശ്യം ഞാൻ പറയും അപ്പൊ കർമ്മശേഷിയുള്ളവൻ കർമ്മം ചെയ്യാതിരിക്കണമെന്നുള്ള മനസ്സിലും പക്ഷെ അവൻ ചെയ്യുമ്പോൾ അവൻ ഈ സ്ട്രെസ് അഡാപ്റ്റേഷന് വേണ്ടി വരും സൈക്കോളജി റീകാലിബറേഷൻ എന്ന് പറയും ടൂണിംഗ് എന്ന് പറയും ഇതൊക്കെ അനുസരിച്ച് മനസ്സിനെ പാകപ്പെടുത്തിക്കൊണ്ട് വേണം പ്രവർത്തിക്കണം അത് പ്രവർത്തിക്കുന്നിടത്ത് അത് ആവശ്യമാണ് പക്ഷെ ഇന്നും പ്രവർത്തിക്കാൻ കഴിയുമോ കഴിയത്തില്ലല്ലോ മനുഷ്യൻ അതിനെ കുറിച്ചാണ് ഞാൻ നേരി അപ്പോഴും ഇതുപോലെ അങ്ങനെ എന്താണ് തനിക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടുണ്ടാവും തന്റെ സമാധാനം അപ്പൊ സ്വാഭാവികമായും നമ്മൾ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരണം അങ്ങനെ നിരാശ മനുഷ്യൻ എപ്പോഴും വരാം യുവത്വത്തിലും വരെ അന്തരശും അതിന് വയസ്സാവുന്നവരെ കാത്തിരിക്കണമെന്നില്ല ആ വാർധക്യത്തിൽ അങ്ങനെ പിന്മാറണം കാരണം വാർദ്ധക്യത്തിൽ നമ്മളെന്ത് ചെയ്യുന്നു ചെറുപ്പക്കാർ തടസ്സമായി നിൽക്കും നല്ല ഒരു ചേരക്ക കുറച്ച് പ്രായം ചെല്ലുമ്പോഴത്തേക്ക് നീ മോനെ എന്ന് പറഞ്ഞ് യുവാക്കളെ പിടിച്ച് താൻ മാറിയിരിക്കും അതാ വേണ്ട എന്നും അധികം പഠിച്ചു പിടിച്ചഭ്യാസങ്ങൾക്ക് കാരണം എന്തുകൊണ്ട് അയാളുടെ പ്രകൃതിക്കൊരു ഇതുണ്ട് എന്താണ് അവന്റെ കർമ്മശേഷി നശിക്കുന്നു അവന്റെ ബ്രെയിൻ ജീർണിക്കുന്നു ശരീരശേഷി നഷ്ടപ്പെടുന്നു എല്ലാത്തരത്തിലും അപക്ഷയവിലാസങ്ങളിലൂടെ കടന്നു പോവുകയാണ് അപ്പൊ പിന്നെ വീണ്ടും ഏതൊക്കെ കയറി പിടിച്ചിരിക്കാമെന്ന് പറയുന്നത് പിന്നെ അതൊരു നിരാശയാണോ അതോ അതൊരു പക്വതയാണോ എന്നുള്ളത് അവരവരുടെ ജീവിതത്തിൽ ജീവിതാനുഭവങ്ങളിലൂടെ തീരുമാനിക്കേണ്ട കാര്യമാണ് വാർദ്ധക്യത്തി ചെല്ലുമ്പോൾ എനിക്ക് നിരാശയാണോ സംഭവിക്കുന്നത് തീർച്ചയായിട്ടും സംഭവിക്കാം കാരണം ആ കസേര ഇപ്പോഴും വേണോന്ന് ആഗ്രഹിച്ചാൽ നിരാശയല്ല അല്ല അത് വേണ്ട വേറെ തന്നെ അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് അതൊരു പപ്പു തേര് നിരോധിച്ച് വന്നുകൂടാന്നൊന്നുമില്ല അതുകൊണ്ട് അതന്നെ സന്യാസം ത്യാഗവും അതുകൊണ്ടാണ് പഴയകാലത്ത് ഈ വയസ്സന്മാർക്കാണ് സന്യാസം പറഞ്ഞത് ചെറുപ്പക്കാർക്കല്ല ചെറുപ്പക്കാരുടെ സന്യാസം എന്ന് പറയുന്നത് തികച്ചും അപക്കവുമായ സന്യാസമാണ് കാരണം എന്തുകൊണ്ട് അത് അപക്കമാകുന്നു കാരണം അവൻ സന്യാസത്തിനുള്ള പക്വത സംശയം എന്താ യുവത്വത്തിന്റെ ബയോളജി എന്ന് പറയുന്നത് സന്യാസത്തിന് അനുകൂലമല്ല അത് യാതൊരു സംശയവില്ല കേട്ടില്ല ഞാൻ വ്യക്തമായി കേട്ടില്ല സന്യാസം നമ്മൾ എടുക്കുന്ന അതാദ്യം മനസ്സിലാവണം നമ്മൾ ഈ സന്യാസം എടുക്കുക എന്ന് വെച്ചാൽ നമ്മൾ എവിടെ നിന്നും സന്യാസം വാങ്ങി അതൊരു പട്ടമാണ് അതൊരു സ്റ്റാറ്റസാണ് അങ്ങനെയല്ല സന്യാസം സന്യാസമെന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ പക്വതയാണ് അത് നമ്മൾ എവിടെന്നെങ്കിലും വാങ്ങുന്നതോ ആരെങ്കിലും കൊടുക്കുന്നതോ അല്ല ഈ സന്യാസമെന്ന് പറയുന്നത് നമ്മളീ വേഷം കെട്ടലാണെന്ന് ധരിക്കുന്നതുകൊണ്ടാണ് അത് പറയുന്നത് അതല്ല സന്യാസം അതാണ് ഞാൻ പറഞ്ഞത് ജീവിതത്തിന്റെ ഒരു പക്വത പക്വുമായൊരവസ്ഥ അതാണ് സന്യാസം ഇനിയെങ്കിലും അത് ആ പക്വത യുവത്വത്തിൽ നിങ്ങളുടെ ബയോളജിയിൽ നിങ്ങളുടെ അതിനെ അനുവദിക്കാത്തതുകൊണ്ടാണ് അതല്ല ശരിയായ സന്യാസം എന്ന് പറയും സ്വാഭാവികമായൊരു പക്വത ജീവിതത്തിൽ സംഭവിക്കുന്നു അതീ കർമ്മങ്ങളിലൂടെയൊക്കെ കടന്നുപോയി ഈ പറയുന്ന ഒരു സ്ട്രെസ് മാനേജ്മെന്റ് ഒക്കെ ശീലിച്ച് മനസ്സൊക്കെ സ്റ്റേബിളായി പക്വമായ ഒരവസ്ഥയിൽ ചേരുമ്പോൾ സന്യാസം ആർക്ക് കൊടുക്കുകയും വേണ്ട സന്യാസം ഒരിടത്തും പോയി വാങ്ങുകയും വേണ്ട ഇതൊരു കച്ചവട സാധനമുണ്ട് മനുഷ്യനങ്ങനെ ഒരു സഹജമായ അവസ്ഥയിലെത്തിച്ചേരും അതാണ് അപ്പോ ശരി അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അങ്ങനെ ഒരവസ്ഥയിൽ നമുക്കൊന്നും ചെയ്യാനുള്ള ശേഷിയില്ല ഇല്ല പക്ഷെ അപ്പോഴത്തെ ആ ശേഷിയാണ് സന്യാസം ഒന്നും അപ്പൊ നമുക്ക് മറ്റു കർമ്മങ്ങളൊന്നും ചെയ്യാനുള്ള ശേഷിയില്ല പക്ഷെ ജീവിതം അവിടെ ശേഷിക്കുന്നുണ്ട് ആ ജീവിതത്തിൽ ഉള്ള ശേഷിപ്പ് അതാണ് സന്യാസം സന്യാസത്തെ കുറിച്ചുള്ള എന്താണ് എന്തെന്തോ കൊടുക്കൽ വാങ്ങുന്ന ഇടപാടാണ് നമ്മളെന്തോ കിട്ടി നമുക്കെന്തോ എന്ത് കിട്ടാൻ എന്ത് മണ്ണം കെട്ടിയ കിട്ടിയത് ഒന്നും കിട്ടിയിട്ടില്ല ചില വേഷപോഷാധികളൊക്കെ കിട്ടി ഒരാൾക്കാർ കാണുമ്പോ സ്വാമി എന്ന് വിളിക്കുക ഇനി കൂടുതലൊന്നും കിട്ടിയിട്ടില്ല കിട്ടേണ്ടതെന്താണ് ആ പക്വതയാണ് അത് കിട്ടിയിട്ടുണ്ടെന്ന് നോക്കിയാൽ ഞാൻ സമ്മതിച്ചു എന്താണ് പഴയകാലത്ത് ഇങ്ങനെ ഒരു ജീവിത വ്യവസ്ഥ ചെയ്തു വെച്ചെന്താണ് ബ്രഹ്മചര്യം ഗർഭസ്ഥ്യം മാനപ്രസ്ഥം സന്യാസം അത് ശരിയായ പക്വതയിൽ ഒരാൾ എത്തിച്ചേരുന്ന അവസ്ഥയാണ് ഒരാൾ പറയണം ഒരാൾ ക്ലെയിം ചെയ്യണം എനിക്ക് അതിനുള്ള പക്വതയുണ്ടെന്ന് പറഞ്ഞാൽ സമ്മതിച്ചു ആ പക്വത ഒരാൾക്കുണ്ടെങ്കിൽ പിന്നെ സന്യാസം കൊടുക്കുകയും വാങ്ങി ചെയ്യേണ്ട കാര്യമുണ്ട് ആ പക്വതന്നെ സന്യാസം അവിടെ പിന്നെ വേഷഭൂഷാദികളൊന്നും ആവശ്യമില്ല അതിനാവശ്യമില്ല പ്രയാസത്തിനാവശ്യമില്ല യും നമ്മള് തെറ്റിദ്ധാരണകളാണ് എന്നാണ് പറയുന്നത് നമ്മൾ ഇങ്ങനെ വേഷമൊക്കെ ധരിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവരിൽ നിന്ന് വ്യത്യസ്തരാവും നമ്മളിൽ നിന്ന് അവർ വ്യത്യസ്തരാവും നമ്മൾ ആരിൽ നിന്ന് വ്യത്യസ്തരാവാനൊക്കെ ജീവിക്കേണ്ടത് നമ്മൾ മനുഷ്യരോടൊപ്പം മനുഷ്യനായി ജീവിക്കാനാണ് ജീവിക്കേണ്ടത് നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാണെന്ന് തോന്നുകയാണെങ്കിൽ അത് നമ്മുടെ എന്തോ ഒരു മാനസികമായ പ്രശ്നമാണ് സന്യാസ നമുക്കങ്ങനെ ഒരു വ്യത്യാസം തോന്നാൻ പാടില്ല അതങ്ങനെ നമ്മൾ വ്യത്യസ്തനാകും വേഷം കിട്ടിയെന്ന് വിചാരിച്ച ഒരാളിങ്ങനെ വ്യത്യസ്തനാകുന്നു വ്യത്യസ്തനാകുന്നു പിന്നെ വ്യത്യസ്ത എങ്ങനെ അത് സന്യാസം കൊണ്ടല്ല ഇപ്പോ പോലീസുകാരൻ യൂണിഫോമിട്ടാൽ വ്യത്യസ്തനാകും വക്കീൽ കോട്ടിട്ട വ്യത്യസ്തനാകും ഡോക്ടർ ഡോക്ടറുടെ കോട്ടിട്ട വ്യത്യസ്തനാകും അതുപോലെ സന്യാസത്തെ നിങ്ങളൊരു തൊഴിലായി എടുക്കുമ്പോൾ ആ തൊഴിലിന്റെ വേഷമാണെന്ത് നിങ്ങളെ മറ്റുള്ളവർ ഇന്ന് വ്യത്യസ്തമാക്കുന്നത് സന്യാസം എന്ന് പറയുന്ന ആശയമാണ് ഇതൊരു പ്രൊഫഷനാണ് ഇത് തൊഴിലാണോ ഓരോരുത്തരും ഓരോ തൊഴിൽ അപ്പോൾ സന്യാസം എന്ന് പറയുന്ന തൊഴിലിനു വേണ്ടി കുറെ ആൾക്കാർ വേഷം കിട്ടുന്നു അവിടെ നിങ്ങൾ വ്യത്യസ്തനാകുന്നു അത് തൊഴിലിന്റെ പേരിലാണ് അതല്ല സന്യാസം എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് സന്യാസം മനസ്സിലാവുന്നില്ല എന്നാൽ സന്യാസിയാണ് നാണയം ചെയ്യുന്നത് എനിക്കെന്ത് ചെയ്യാൻ പറ്റും അത് പ്രൊഫഷനാണ് ഇപ്പോഴും ഞാൻ പറയാറില്ല ഇന്നത്തെ സന്യാസം എന്ന് പറയുന്നത് ഓരോരുത്തർ ഡോക്ടറാവുന്നു എഞ്ചിനീയർ ആകുന്നു ചിലർ സന്യാസിയാവും ഇത്രയുള്ളൂ അവര് തൊഴിലും നമ്മൾ അതിനെ തൊഴിലിൽ നിങ്ങൾ വ്യത്യസ്തരാണ് സന്യാസം കൊണ്ട് വ്യത്യസ്തരാകുന്നു അത് ശരിയാണ് അത് ഇന്നത്തെ നമ്മുടെ സന്യാസം എന്ന് പറയുന്നത് പൊതുവെ അത് പൗരോഹിത്യ സന്യാസമാണ് പൗരോഹിത്യത്തിന്റെ ഒരു ഭാഗമായി വരുന്ന സന്യാസം അപ്പൊ അതുകൊണ്ട് അപ്പോൾ സമൂഹത്തിന് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കണോ സേവനം ചെയ്യണോ സന്യാസം വേഷം കെട്ടലിന്റെ ആവശ്യം വേഷം കിട്ടാതെ എത്ര പേര് പ്രവർത്തിക്കണം ഏത് ഫീൽഡിൽ നിന്നാലും ഒരു പോലീസുകാർ സമൂഹത്തിന് വേണ്ടി നിസ്വാർത്ഥമായി പ്രവർത്തിച്ചുണ്ടായിരുന്നു നിങ്ങളുമായാണ് നിങ്ങളെന്താ വ്യത്യാസം ഒരു ഡോക്ടർ സമൂഹത്തിന് വേണ്ടി നിസ്വാർത്ഥമായി പ്രവർത്തിച്ചുകൊണ്ട് ഒരു നഴ്സിന് പ്രവർത്തിച്ചുകൊണ്ട് ആർക്കും പ്രവർത്തിക്കുകയാണ് അതിന് ഇത്തരം വേഷങ്ങളൊന്നും നിർബന്ധമല്ല പിന്നെ ഇഷ്ടമുണ്ടെങ്കിൽ വേഷം കിട്ടാവുന്നതായിരുന്നു അപ്പോ ഇത്തരത്തിലുള്ള എല്ലാ മിഥ്യ ധാരണകളെയും ഇല്ലാതാക്കുന്നതായിരിക്കും സന്യാസി അതിന്റെ ഒരു ക്ലാരിറ്റിയാണോ മനസ്സിൽ വേണ്ടത് പിന്നെ നമ്മളിങ്ങനെ ഇടുമ്പോൾ മറ്റുള്ളവരെ നമ്മളെ ബഹുമാനിക്കുമെന്ന് പറഞ്ഞു അത് പോലീസിനെയും വക്കീലിനെയും ജഡ്ജിയും മന്ത്രിയൊക്കെ ബഹുമാനിക്കുമ്പോഴേ അതിൽ കവിന് ബഹുമാനിക്കുമ്പോഴത്തേക്ക് അർത്ഥവും എന്ത് വ്യത്യാസം വ്യത്യാസം എന്താണെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ മറുപടി പറയാം എന്താണ് കാഴ്ചപ്പാടെന്തുകൊണ്ട് പറ സാക്ഷാത്കാരത്തിന് വേണ്ടി ഒരാൾ സന്യാസിയാവുന്നു സന്യാസിയായി എന്ന് വെച്ചാൽ സന്യാസം എന്ന് പറഞ്ഞാൽ കെട്ടി ജീവിക്കുന്നതാണ് അതില് ഒരാൾ അതിലൂടെ സന്യാസി സാക്ഷാത്കാരത്തെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സാക്ഷാത്കാരത്തിലുള്ള സാധനങ്ങൾ അനുഷ്ഠിക്കണം എന്നാലും സാക്ഷാത്കാരം എന്താണോ അതിന്റെ സാധന സാക്ഷാത്കാരം എന്ന് പറയുന്നത് ഒരാൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ വിശ്വാസത്തിനനുസരിച്ചുള്ള സാധനങ്ങൾ നിങ്ങൾ ഏത് സിദ്ധാന്തത്തിലാണ് വിശ്വസിക്കുന്നത് അദ്വൈതത്തിലായിരിക്കും അപ്പോൾ അദ്വൈതത്തിലുള്ള പിന്നെ സാക്ഷാത്കാരം അതിനു വേണ്ടിയിട്ടുള്ള സന്യാസമാണെങ്കിൽ ആ സന്യാസി എങ്ങനെ ജീവിക്കണമെന്നാണ് അദ്വൈതത്തിന്റെ ആചാര്യം പറഞ്ഞിരിക്കുന്നത് എങ്ങനെ ജീവിക്കുന്നു അപ്പൊ പിന്നെ നമ്മള് സാക്ഷാത്കാരത്തിന് വേണ്ടിയുള്ള സന്യാസങ്ങളൊക്കെ പറയാൻ പറ്റും അപ്പൊ ഒരു ഭാഗികമായ സാക്ഷാത്കാരം ഹൃദയം പറഞ്ഞു നമ്മള് സമയം കളയാണ് എനിക്ക് എന്റെ വീട്ടിൽ പോകണം